കർമ്മമൊക്കെ ഉപാധികൊണ്ട് ചെയ്യപ്പെടുന്നതാണ് ശരീരവാങ് മനോബിഹി ശരീരം കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടുമാണ് കർമ്മം ചെയ്യുന്നത് അതിന് പുറകിൽ അധിഷ്ഠാനം കർത്ത കരണം വിവിധാശക്ചേഷ്ട ദൈവം ചെയ്യാത്ര പഞ്ചമം ഈ അഞ്ചെണ്ണമുണ്ട് ഇതൊക്കെ പ്രകൃതിയാണ് ഇതൊന്നും നമ്മളല്ല അല്ലേ ഇപ്പൊ നമ്മൾ അറിഞ്ഞു ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ ഇല്ലേ ഇപ്പൊ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മള് പല ഈ സത്സംഗത്തിന്റെ ഒരു വലിയ വൈഭവം എന്താന്ന് വെച്ചാൽ ജപം ചെയ്താൽ ഞാൻ ചെയ്യണമെന്ന് തോന്നും ധ്യാനിക്കുമ്പോൾ ഞാൻ ധ്യാനിക്കണമെന്ന് തോന്നാം പക്ഷേ ഈ സത്സംഗത്തിലിരിക്കുമ്പോൾ കോൺഷ്യസ് ആയിട്ടേ ഇരിക്കില്ല നമ്മള് നമ്മളാണ് ചെയ്യണത് പക്ഷേ നമ്മൾ ചെയ്യണമെന്നുള്ള തോന്നലില്ലാതെ നടക്കുന്ന ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണത് അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കർമ്മമൊന്നും നമ്മൾ ഏറ്റെടുക്കണില്ലല്ലോ അല്ലേ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഇങ്ങനെ അറിഞ്ഞേല അത് അതിന്റെ ഇടയിൽ അതിന് കൈലാസപ്രാപ്തി അത് പോയി ഉറക്കത്തില് കൂർക്കം വലിക്കുന്ന ആരെങ്കിലും ഞാൻ കൂർക്കം വലിക്കേണ്ടതെന്ന് സമ്മതിക്കോ ബാക്കിയുള്ളവർക്കാണ് അതിന്റെ വിഷമം അല്ലേ നമ്മളുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയോ കർമ്മം നടക്കുന്നുണ്ട് നമ്മളിപ്പോ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഉച്ചക്ക് കഴിച്ച ആഹാരത്തിന്റെ ദഹനമൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ വലതും ചെയ്യണ്ടോ ഒരു പക്ഷേ നാളെ ഭഗവാൻ തീരുമാനിച്ചു ഈ ദഹിപ്പിക്കൽ നിങ്ങളുടെ ജോലിയാണ് എന്ന് പറഞ്ഞാൽ ഊണ് വായിലിട്ടിട്ട് ഒരു ചക്ര ഇങ്ങനെ ഒരു സ്വിച്ച് ഓൺ ചെയ്യുക ദഹനം ആരും ഊണ് കഴിക്കാനേ മെനക്കിട്ടില്ല സമാരാധനയ്ക്കൊക്കെ വിളിച്ചാൽ ഓടിക്കിളക്കണം എന്താന്ന് വെച്ചാൽ അത് ഉള്ളിലിട്ടിട്ട് ഓരോ സാധനങ്ങൾ ഉള്ളിൽ കയറ്റിയിട്ട് ഇങ്ങനെ ദഹിപ്പിക്കണം അരച്ച അരച്ചരച്ച ഒന്നും അറിയില്ല ഉള്ളിലങ്ങോട്ട് പോയി ഏതോ ശക്തി ജീർണിപ്പിച്ചു അത് പെടുന്ന പാട് നമ്മ നമ്മളിവിടുന്ന് കയറ്റി വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു അല്ലേ അത് ഉള്ളിൽ പോയിട്ട് ആ വൈശ്വാനരനായ ഭഗവാൻ പടുന്ന തലയിലെടുത്ത് വിഷമമുണ്ടല്ലോ അതൊന്നും അറിയില്ല അപ്പം അവിടെ പ്രവൃത്തി നടക്കണമെന്ന് നമ്മൾ ഏറ്റെടുക്കണേലില്ല പുറത്ത് ഉള്ളത് മാത്രമേ ഏറ്റെടുക്കണു പുറത്ത് നമ്മൾ അതും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഏറ്റെടുക്കണം എത്രയോ അൺകോൺഷ്യസായിട്ട് പ്രവൃത്തി നടക്കേണ്ട ഏറ്റെടുക്കണില്ല കോൺഷ്യസായിട്ട് അതായത് ഈഗോ ചെയ്യുന്ന കർമ്മം മാത്രമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് മോട്ടിവേറ്റഡ് ആക്ഷൻ മാത്രം അത് മാത്രമേ നമ്മളെ ഹർട്ട് ചെയ്യണുള്ളൂ സ്പോൺറ്റൈനിയസ് ആക്ഷൻ ഒന്നും നമ്മളെ തൊടുന്നില്ല ക്ഷൻ നേർ ചെയ്യുന്നതൊന്നും നമ്മളെ തൊടുന്നില്ല ശരിക്കും നേച്ചറാണ് എല്ലാം ചെയ്യുന്നത് അജ്ഞാനം കൊണ്ട് ഇയാള് ഏറ്റെടുക്കുകയാണ് ഇതൊക്കെ ഞാൻ ചെയ്യണു ഞാനാണതൊക്കെ ചെയ്യണത് അടുത്ത ശ്ലോകം നോക്കൂ തത്രൈവം സതികർത്തം ആത്മാനം കേവലം തുയഹ പശ്യതി അകൃതബുദ്ധി ദുർമതിഹി ഭഗവാൻ പറഞ്ഞു ദുർമതി അജ്ഞാനിയായിട്ടുള്ള ആള് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കർത്താ അഹം ഞാൻ കർത്താവാണ് എന്ന് വേണ്ടാത്തതൊക്കെ ചുമതല ഏറ്റെടുക്കാണ് അകർത്താവായ ആത്മാവിനെ അറിയാത്തത് കൊണ്ട് ആത്മാനം കർത്താരം അദ്ധിവാത്മജ്ഞാനമില്ലാത്തത് കൊണ്ട് ജ്ഞാനമില്ലാത്തത് കൊണ്ട് അവിദ്യയാ പരികല്പ്യ തൈ കിട്ടിയ കമ്മണ അഹമേ കനം കവലം ശുദ്ധം അവിദ്വാൻ വേദന്ത ആചാര്യ ഉപദേശനായ അകൃതബുദ്ധിവാത് വേദാന്ത ഉപദേശ ഇല്ലാത്തത് കൊണ്ട് ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് അസംസ്കൃത ബുദ്ധിയായിട്ടുള്ള ആള് ഞാനാണ് എല്ലാം ചെയ്യണത് എന്ന് വിചാരിക്കും ഇതാണ് ബന്ധം അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത് കർമ്മം ചെയ്യുമ്പോ ഈ കർത്താവ് ആരാണ് നോക്കുമോ നമ്മുടെ ഭഗവാന്റെ ഉപദേശം മുഴുവൻ അവിടെ കഴിഞ്ഞു ആര് കർത്താവ് ഞാൻ ഞാൻ ആരാണ് ഞാൻ എന്ന് ഞാൻ ചെയ്യണു ഞാൻ അനുഭവിക്കണു കർത്ത ഭോക്ത എന്താ ഈ അഹം ഞാൻ ഞാൻ എന്തായി ഞാൻ എന്ന് നോക്കുമ്പോൾ ഞാൻ എന്നെ കാണാനില്ലേ ആവണെ നിത്യശുദ്ധമായ ആത്മാവ് സാക്ഷി മാത്രമാണ് എല്ലാത്തിനും സാക്ഷിയായ അസംഖമായിട്ടിരിക്കണു അജ്ഞാനിയായിട്ടുള്ള ആള് ഈ ശരീരം ചെയ്യുന്ന കർമ്മം മനസ്സ് ചെയ്യുന്ന കർമ്മം പ്രകൃതി ചെയ്യുന്ന കർമ്മത്തിനെയൊക്കെ ആത്മാവിൽ ആരോപിച്ച് സ്വരൂപത്തിൽ ആരോപിച്ച് ഞാനാണ് ചെയ്യണത് ഭ്രമിക്കുന്നു വളരെ സൂക്ഷിച്ചെടുക്കണം ഈ കർത്തൃത്വ ബുദ്ധി പോവുക എന്ന് പറഞ്ഞതാണ് സാക്ഷാത്കാരം അത് ഫ്രീഡം സ്വാതന്ത്ര്യമാണ് പലരും ചോദിക്കും നമ്മൾ എന്ത് തെറ്റ് വേണമെങ്കിൽ ചെയ്തിട്ട് ഞാനൊന്നും ചെയ്യണില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ആ കർതൃത്വ ബുദ്ധി പോയാൽ വിധിച്ചത് മാത്രമേ നടക്കുള്ളൂ നെഗറ്റീവ് ആക്ഷൻസും നടക്കില്ല ആ ശരീരം കൊണ്ട് ഒരു ആ ശരീരം കൊണ്ട് ചെയ്യപ്പെടുന്നത് മറ്റുള്ളവരുടെ കണ്ണിന് നെഗറ്റീവായിട്ട് തോന്നിയേക്കാം ഈശ്വരൻ്റെ കയ്യിലൊരു ഇൻസ്ട്രുമെൻ്റാണ് ഈ ശരീരം മനസ്സൊക്കെ ഇതിനുള്ള അന്തര്യാമി ഈശ്വരനാണ് ഈ അഭിമാനമുണ്ടല്ലോ ഈ അഭിമാനമാണ് ഇതിന്റെ തടസ്സം നിന്നിട്ട് അത് അറിയാൻ കൂട്ടാക്കാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കണത് അപ്പൊ ഈ അഭിമാനത്തിനെ അങ്ങനെ നിവർത്തിപ്പിച്ചു കഴിയുമ്പോ ഞാൻ കർത്താവാണ് ഭോക്താവാണ് തോന്നില്ല അപ്പൊ എന്താവും ആ സ്റ്റേറ്റില് ദ ഈഗോ സ്റ്റേറ്റ് നമ്മുടെ ഭഗവാന്റെ ഉള്ളത് നാർപ്പത്തിൽ ഒരു ശ്ലോകമുണ്ട് സത്യാസ്ഥിതി അഹമുദേ സദ്ദർശനം നാൻ ഉദിയാതെ ഉള്ള നില ുള്ള നില ഞാൻ എന്ന് പറയുന്നത് ഉദിക്കാതിരിക്കുന്ന ഒരു സ്റ്റേറ്റ് അതെങ്ങനെ ഉദിക്കാതിരിക്കും എന്ന് വെച്ചാൽ അത് ആത്മവിചാരം ചെയ്താൽ സാക്ഷാത്കാര നിഷ്ഠവാസനാക്ഷയം വന്ന ആൾക്ക് ഉദിക്കാതിരിക്കും ശരിക്കും ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അതാണ് കണ്ണടച്ച് ഉള്ളിൽ ആഴ്ന്നു മുങ്ങി വരുന്ന വാസനകൾ വിചാരങ്ങൾ വികാരങ്ങളൊക്കെ ആർക്ക് വരണു എന്ന് നോക്കി എല്ലാത്തിലും കാണാൻ എനിക്ക് എനിക്ക് എന്റെ ജീവിതം എന്റെ പ്രവൃത്തി എനിക്ക് കിട്ടേണ്ട റെക്കഗ്നീഷൻ ഞാൻ ഇങ്ങനെ ഞാൻ അങ്ങനെ പലതും തോന്നുന്നു അല്ലേ ഈ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന അഭിമാന വൃത്തിയെ അത് ഉദിക്കണത് ഹൃദയത്തിൽ നിന്നാണെന്ന് കാണാറാകും ഹൃദയത്തിൽ അത് ഉദിക്കണത് എല്ലാ വിഷമങ്ങളും അതിനാണ് വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ നമ്മളെ ബാധിക്കില്ല എന്നെ പറഞ്ഞാൽ ഉടനെ വിഷമം എന്നെ ആരെങ്കിലും സ്തുതിച്ചാൽ സന്തോഷം എന്നെ ആരെങ്കിലും നിന്ദിച്ച അപ്പ എല്ലാ പെയിൻ എല്ലാത്തിനുമുള്ള സെന്റർ ഈ അഹങ്കാരാണ് ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാം അഭിമാനത്തിനെങ്ങനെ ഇല്ലാതാക്കാം ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോനായിക വേണമിഹ തോന്നുന്നതാഖിലഖിലം താനെന്നിത എന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ എല്ലാവർക്കും അറിയണ ശ്ലോകമാണ് അല്ലേ ഇതാണ് സാധനം സാധന ഇതാണ് ഭഗവാന്റെ അടുത്ത് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഭഗവാനെ അങ്ങേ ഉള്ളൂ ഞാനില്ല ഇത് ഭക്തി അവിടെ കർത്താവ് അവിടുന്നാണ് ഭോക്താവ് ഇതാണ് ഗീതയുടെ അവസാന വാക്ക് നമ്മളിനി കാണാൻ പോണത് ഭക്തിയോഗം എന്ന് പറയുന്നത് ഇതാണ് ഓരോ ക്ഷണത്തിലും നമ്മളുടെ കർത്തൃത്വം നമ്മളുടെ ഭോക്തൃത്വം നമ്മളുടെ അഭിമാനത്തിന് അന്തര്യാമയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുക അർജുനൻ ഡ്രൈവർ സീറ്റിൽ ഭഗവാനെ ഏരുത്തിയില്ലേ അതേപോലെ നമ്മളുടെ ജീവിതത്തിലും ഡ്രൈവർ സീറ്റിൽ ഭഗവാനെ ഏരുത്തണം രണ്ടു പേര് തുല്യ പോരാളികളാണ് ഒരു വശത്ത് കർണൻ ഒരു വശത്ത് അർജുനൻ അർജുനന്റെ തേർത്തട്ടിൽ ഭഗവാനിരുന്നു ആരായിരുന്നു ശല്യർ ഇല്ലേ ആ പേര് കേൾക്കുമ്പോ തന്നെ ഈ ശല്യം എന്ന് പറയും നമ്മൾ അല്ലേ ശല്യം ആ ശല്യം എന്ന് പറഞ്ഞാൽ ഈ അമ്പിന്റെ അറ്റത്ത് വെക്കുന്ന ഇരുമ്പുത്തുണ്ടിന് പേരാണ് ശല്യം അമ്പ് ചൂരലോണ്ട് അതിന്റെ അറ്റത്ത് ഒരു ഇരുമ്പുത്തുണ്ട് വെക്കും അതിനാണ് ശല്യം എന്നു പേര് അത് കൊണ്ടുപോയി ഉള്ളിൽ പോയി തറച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോരില്ല കാരണം അത് ഇങ്ങോട്ട് ആണെങ്കിൽ അത് വലിച്ചാൽ പ്രാണനോടുകൂടിയേ പോരുകയുള്ളൂ അതിനാണ് ശല്യം എന്നു പേര് ഈ ശല്യരെ കർണന്റെ തേരോട്ടിയായി കർണൻ തന്നെ വരിച്ചു വലിയ പോരാളിയായ കർണൻ ഓവർ കോൺഫിഡന്റ് ആയിരുന്നു അർജുനൻ വലിയ പോരാളിയായ അർജുനന് കോൺഫിഡൻസ് കുറഞ്ഞപ്പോ ഭഗവാൻ പൊക്കി പിടിച്ചിരുത്തി കർണന് കോൺഫിഡൻസ് ഓവറായിരുന്നു അട്ടിച്ച് താഴ്ത്തി ഓരോ സ്റ്റെപ്പിലും പറഞ്ഞു എന്നെ കൊണ്ടൊന്നും ആവിലേട്ട് മിണ്ടാതിരിക്കുക അർജുനനെ കണ്ടാൽ നിന്റെ ധൈര്യമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു തേർ ചക്രൻ ചളിയിൽ പൂന്തുന്ന വരെ കൊണ്ടുപോയി എത്തിച്ചു അപ്പോ നമ്മൾ തേരോട്ടി സ്ഥാനത്ത് ആരെ ഇരുത്തണു എന്നുള്ളതാണ് ആത്മാനം രഥിനം വിദ്യ ശരീരം രഥമേവത്തു ബുദ്ധിം തുസാരഥിം വിദ്യാത്ത് മനഃപ്രഗ്രഹമേവച് ഇന്ദ്രി ഹു വിഷയാസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രി മനോയുക്തക്തുർമനീഷിണ വിജ്ഞാനസാര മനഃപ്രഗ്രഹവാര സോധ്വനോ തദ്ോദ സോധ്വന വിജ്ഞാനസാര സാരതി വിജ്ഞാനിയ ശരീരം രഥമാണ് തേരോടിക്കുന്ന ആള് ബുദ്ധിയാണ് വിജ്ഞാനമാണ് അറിവാണ് തേരിൽ യാത്ര ചെയ്യുന്ന ജീവനാണ് രഥി അഞ്ചു ഇന്ദ്രിയങ്ങളാണ് കുതിരകള് പോകുന്ന ജീവിത വിഷയങ്ങളാകണ പാ ഇതിൽ തേരോട്ടുന്ന ആള് ഒരാള് ശരിയാണെങ്കിൽ സാരഥി സുഖമായിട്ട് നല്ല സാരഥി ആണെങ്കിൽ നമുക്ക് ഡ്രൈവർ നന്നായിട്ടുണ്ടെങ്കിൽ ബാക്ക് സീറ്റിൽ സുഖമായിട്ട് ഉറങ്ങാം ഡ്രൈവർ നല്ലവണ്ണം ഓടിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമേ ഇല്ല ഡ്രൈവറെടുത്ത് എങ്ങനെ നല്ലവണ്ണം ഓടിക്കും ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഓടിക്കും ആദ്യമായിട്ടാണ് ഓടിക്കുന്നത് പിന്നെ ധൈര്യമായിട്ട് പോകാൻ പറ്റോ ഫസ്റ്റ് ഡ്രൈവ് ആണെന്ന് പറഞ്ഞാൽ എത്ര ധൈര്യമായിട്ട് പോകും നമ്മള് നല്ല പഴക്കണ്ട ഒരു വിഷമല്ല എങ്ങനെ വേണമെങ്കിൽ ഓടിച്ചോളുന്നു സ്വസ്ഥമായിട്ടിരിക്കും ശരണാഗതി ചെയ്യുമ്പോ ആ ആചാര്യൻ ആ ഗുരു ീശ്വരൻ വഴി അറിയുന്ന ആളാണ് നല്ല പഴക്കം തഴക്കമുള്ള ആളാണ് ഭയപ്പെടേണ്ട ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരു ഡോക്ടർ നല്ല തഴക്കമുള്ള ഡോക്ടറാണെങ്കിൽ എത്ര ധൈര്യത്തോടു കൂടിയാണ് ശരീരത്തിന് അങ്ങോട്ട് കൊടുക്കുന്നത് അല്ലേ ഭയപ്പെടാതെ കൊടുക്കണു ശരീരത്തിന് അതേപോലെ നമ്മൾ ആത്മാവിനെയാണോ കൊടുക്കാൻ പോണത് അപ്പൊ ഇനിയും കൂടുതൽ ജാഗ്രതയായിട്ടിരിക്കണം ശരീരത്തിനെയല്ല കൊടുക്കണത് ഇവിടെ അന്തരാ അന്തര്യാമിയാണോ കൊടുക്കുന്നത് അപ്പൊ ഇനിയും ജാഗ്രതയായിട്ടിരിക്കണം ഈശ്വരന്റെ കൈയ്യിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ ഈശ്വരൻ ഏത് ശരീരത്തിലൂടെ പ്രകാശിക്കണോ ആ സദ്ഗുരു ആ ഗുരുവിന് സമർപ്പിക്കുമ്പോഴും സൂക്ഷിച്ച് അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടി സമർപ്പിക്കണം ചിലർക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടി ആ അങ്ങോട്ട് തിളച്ച് പൊന്തും അതൊരു സൂക്കടാ അധ്യാത്മത്തിലുള്ള പല കുഴപ്പങ്ങൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ഗുരുവിന്റെ ശിഷ്യനായി കഴിഞ്ഞാൽ അവരുടെ ഒരു പിന്നെ ഒരു അഹങ്കാരമുണ്ട് അതിന്റെ പേരിൽ അതായത് എവിടെ ചെന്ന് ഈ അഹങ്കാരം പോണോ അവിടെ ചെന്ന് ഇത് കൊഴുത്തു വരും ഈ ഗുരുവോ ശാസ്ത്രമോ ഒക്കെ നമുക്ക് ഉപയോഗപ്പെട്ടിട്ടില്ലെങ്കിൽ നാട്ടുകാർക്ക് എങ്ങനെ ഉപയോഗപ്പെടും നമ്മൾക്കേ അത് ശരിയാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ആ സദ്ഗുരുവിന്റെ ചരണത്തിൽ വീണ് നമ്മളെ ഇല്ലാതാക്കണം സമാധാനം ഈ അഭിമാനം ഇല്ലാതാവണം ദിവസം ഡീപ്പ് സ്ലീപ്പ് ആ സുഷുപ്തി നമുക്കൊരു പാഠം തരേണ്ടത് നീ ഇല്ലാതായാൽ സുഖം ഉണ്ടാവും നീ ഇല്ലാതായാൽ സത്ത് എക്സിസ്റ്റൻസ് ദ സെൽഫ് ഇഫല റിവീൽ ഇറ്റ് ദിവസ സുഷുപ്തിയിൽ അനുഭവിക്കണം അതേപോലെ ജാഗ്രതത്തില് ശരണാഗതി ചെയ്യുമ്പോ യോഗം അനുഭവിക്കപ്പെടും സമാധി അനുഭവിക്കപ്പെടും ആ സ്ഥിതിയില് അയാൾക്ക് ഞാൻ ചെയ്യണമെന്നുള്ള ഭാവം ഇല്ല അയാളുടെ ബുദ്ധി ഒന്നും ഒട്ടിപ്പിടിക്കണില്ല അയാൾക്ക് അഭിമാനം ഇല്ല സങ്കല്പില്ല ഡിസയർ ഇല്ല അയാള് പ്രകൃതിയിലുള്ള പല ശക്തികളെ പോലെ ആയിത്തരും അങ്ങനെയൊരു ജീവിതം യഥാഭ്രം യഥാസ്തനുഹൂ എന്നൊക്കെ വേദം പറയും മേഘം പോലെ ഇടിമിന്നൽ പോലെ മഴ പോലെ സൂര്യചന്ദ്രാദികൾ പോലെ ഋതുക്കൾ പോലെ അതിനൊന്നും അഭിമാനമില്ലല്ലോ അത് നല്ലത് ചീത്ത നമുക്ക് കുറ്റം പറയാൻ അതുപോലെ ഞാനിക്കും അഭിമാനവുമില്ല കർത്തൃത്വവും ഇല്ല സ്വതന്ത്രമായ സത്യ സത്യവിത്ത് ബ്രഹ്മവിത്ത് അയാളെ കർമ്മത്തിൽ നിന്ന് വിമുക്തനാണ് കർമ്മം അയാളെ ബാധിക്കില്ല കർമ്മത്തിന്റെ ബന്ധം അയാൾക്കില്ല അയാൾക്ക് അഹങ്കാരം ഇല്ലാത്തത് കൊണ്ട് അയാളുടെ ബുദ്ധി ഒന്നിലും ഒട്ടിപ്പിടിക്കാത്തത് കൊണ്ട് അയാൾ എന്ത് ചെയ്താലും അതിൽ നിന്നുമുള്ള നല്ലതിന്റെ വാസനയോ ചീത്തയുടെ വേദനയോ ഒന്നും അയാളുടെ ഉള്ളിൽ ഉണ്ടാവില്ല നമ്മൾക്ക് കുഴപ്പം എന്ത് ചെയ്താലും ഏതിൽ ഇൻവോൾവ് ആയാലും അവിടെ പുറത്തേക്ക് പോരുമ്പോ ചിലതൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അതിന്റെ ചില ചില ചളി നമ്മളുടെ മേലെ ഉണ്ടാവും അതിന്റെ ഹർട്ട് മേലെ ഉണ്ടാവും പുകയുണ്ടാവും ഉള്ളിൽ അതാണ് സംസാരം എന്ന് പറയണത് മനസ്സ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ കുറെ ചെയ്ത കർമ്മങ്ങളുടെ ഫുട് പ്രിൻസ് ആണത് എന്തൊക്കെയോ ചെയ്തു ആ ചെയ്തതിന്റെയൊക്കെ ഒരു മെമ്മറി അതിന്റെ വാസന അതിന്റെ സംസ്കാരം അതൊക്കെ ചേർന്നിട്ടാണ് നമ്മളിപ്പോൾ മനസ്സെന്ന് പറയണത് അറിവില്ലാത്ത സമയത്ത് എന്തൊക്കെയോ ഇൻവോൾവ് ആയിട്ട് ചെയ്തു ഇപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഉള്ളിൽ നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഒക്കെ പൊന്തി വരുന്നു കണ്ണടച്ച് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഉള്ളില് ഓ ഏ ആരൊക്കെയാ എന്തൊക്കെ അനുഭവങ്ങളാണ് വരിക ഒന്നും പറയാൻ വയ്യ ഇതൊക്കെ ഉണ്ട് എന്നപ്പോഴാണ് അറിയണത് അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഓരോന്നായിട്ട് ശമിപ്പിക്കേണ്ടിയിരിക്കണോ വിളിയില് അല്ലേ വാസനാക്ഷയം തത്വജ്ഞാനം മനോനാശം ഇങ്ങനെ പൂർണ്ണമായി അഭിമാനത്തിനെ ഇല്ലാതാക്കിയ ആള് അയാള് മാത്രാണ് കർമ്മത്തിന്ന് പുറത്തു പോണത് ഈ കർമ്മത്തിന് പുറത്തു പോകാനുള്ള വഴി സംസാരത്തിൽ ദുഃഖമില്ലാതെ വിഷമില്ലാതെ ഇരിക്കാനുള്ള വഴി ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്ന് ശിഷ്യൻ ചോദിച്ചു എനിക്ക് എങ്ങനെ മോക്ഷം കിട്ടും ഞാൻ ചത്താൽ കിട്ടും അപ്പൊ ഈ ശിഷ്യൻ എട ദിവസം പോയി ഗുരുവിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു ദിവസം ഗുരു ചോദിച്ചു ശിഷ്യന്റെ അടുത്ത് എന്താ ഞാൻ മുക്തി കിട്ടും വിചാരിച്ചു നിങ്ങൾ പോണില്ല ഗുരു പറഞ്ഞു എന്താ പറഞ്ഞ അല്ല ഞാൻ ചെത്ത ഞാൻ എന്ന് വെച്ച ഞാനല്ല നീ നീ പോത്മസാക്ഷാത്കാരത്തിന് പേര് തന്നെ ശാവാമൽ ശാവ് എന്നാണ് ഈ ശരീരം ഇരിക്കുമ്പോ തന്നെ ഈ അഭിമാനം ഇങ്ങോട്ട് ഇല്ലാതാവട്ടെ ഒരു ഗുരു അനുഗ്രഹം ചെയ്യണത് എന്താ ഗോപ സ്ത്രീകൾ ഭാഗവതത്തിൽ പറയുന്നു ഈ കൃഷ്ണനെ അടുത്തുകൂടെ പോവാൻ പാടില്ല പോയ ആളുകളെയൊക്കെ അവൻ ദുരിതത്തിലാക്കി ഈ മഹാബലി ചെന്ന് കൊണ്ടു കൊടുത്തു ബലിമപി ബലിമത്വായെ ധ്വാങ്ഷവദ്യ ബലിയെ ബലിയാക്കി ചെയ്തു എന്നാണ് ബലി മൂന്നടി മണ്ണു കൊടുത്ത അതല്ലേ വാങ്ങിക്കേണ്ടത് അല്ലേ മേശാന്തി അമ്പലത്തിൽ നേദിക്കാൻ പായസം കൊണ്ടുപോയ പായസം ഗണപതി കഴിച്ചാ കൊഴപ്പില്ല മേശാന്തി വിഴുങ്ങിക്കളഞ്ഞ അതാണ് അനുഗ്രഹം ഈശ്വരൻ ചെയ്യണത് നിങ്ങൾ കൊടുക്കണതല്ല ഈശ്വരൻ എടുക്കണത് നിങ്ങളെ എടുക്കണു അപ്പൊ അനുഗ്രഹമായി നിങ്ങൾ എന്ത് കൊടുക്കണോ നിങ്ങൾ പുഷ്പമോ പൂവോ കൊണ്ട് ഉള്ളിൽ പോയി തിരിച്ചു വരുമ്പോ ആളില്ല ഉള്ളില് ആസാമി കാണാനില്ല പോയി പഴയ ആള് കാണാനില്ല അതിനാണ് കൃപ എന്ന പേര് അനുഗ്രഹം അതാണ് അനുഗ്രഹം ആ അനുഗ്രഹം ആർക്ക് വന്നു പിന്നെ അയാളുടെ ജീവിതം എന്ന് പറയണത് ഒരു ഹയർ ഫോഴ്സ് എടുത്തുകൊണ്ട് നടത്തുന്നതാണ് അങ്ങനെ ഒന്ന് കിട്ടിയാൽ അത്ര ശ്രമം അല്ലെ നല്ലൊരു വാലിക്കാരൻ കിട്ടിയാൽ തന്നെ സന്തോഷം ഭഗവാൻ നമ്മളുടെ കാര്യം എടുത്ത് നടത്താൻ തുടങ്ങി വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതൊക്കെ ഭയപ്പെടേണ്ട ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ളിലിരുന്ന് പറയുമ്പോൾ ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോ അത് എന്ത് ചെയ്താലും ഇയാൾക്കൊരു കുഴപ്പമില്ല എനിക്ക് കർത്തൃത്വം ഭോക്തൃത്വം ഒന്നുമില്ല അതാണ് അടുത്ത ശ്ലോകം നോക്കും യസ്യനാഹംകൃതോ ഭാവോ ഈ ശ്ലോകം ഒരു എക്സ്ട്രീം എക്സാമ്പിൾ ഭഗവാൻ കൊടുക്കാണ് ആരുടെ ചിത്രം സമാധിസ്ഥിതിയിൽ ഇരിക്കുന്നു ജ്ഞാനസ്ഥിതിയിൽ ഇരിക്കുന്നു ജ്ഞാനം സമാധി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ന അഹങ്കൃതോ ഭാവ അഭിമാനമില്ലാത്ത സ്ഥിതിയാണ് സമാധി എന്ന് പറയുന്നത് അത് നമ്മൾ സമാധി ഇപ്പൊ സമാധി എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞിട്ട് കെട്ടണ സിമന്റ് തറക്കി പേരാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സമാധി എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ടൂമ്പല്ല അത് ജ്ഞാനമാണ് സമാധി സമമായ ധി ധി ബുദ്ധി ആത്മാവിൽ നിൽക്കണത് സമാധി ആത്മാവിന്റെ സ്വരൂപമാണ് സമാധി അപ്പോ ഉള്ളില് ആത്മാനുഭവം ഉണ്ടായി കഴിയുമ്പോ അയാൾക്ക് ഞാൻ ചെയ്യണു ഞാൻ കർത്താവാണ് ഭോക്താവാണ് എന്നുള്ള ബുദ്ധി വരാതാവുമ്പോൾ വികല്പമില്ലാതിരിക്കുമ്പോൾ പിന്നെ അയാളുടെ ജീവിതത്തിൽ എന്ത് നടക്കണോ അതിനൊന്നും അയാൾ ചുമതലക്കാരനല്ല എന്താന്ന് വെച്ചാൽ അയാൾ അത് അറിയുന്നതേയില്ല ഈശ്വരനെ പോലെ അല്ലേ ഇപ്പൊ ഈശ്വരനെ ഇപ്പോ രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു ജ്ഞാനികൾ കർമ്മം ചെയ്യുവോ ചോദിച്ചു എന്തേ കർമ്മം ചെയ്യാതെ ഗംഭീരമായിട്ട് കർമ്മം ചെയ്യും ജ്ഞാനികൾ കർമ്മം ചെയ്യാതിരിക്കും നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഈശ്വരൻ ഏറ്റവും വലിയ അജ്ഞാനിയായിട്ട് പോകും കാരണം ഈ പ്രകൃതിയിൽ നടക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിന്റെ ഭീഷാസ്മാത് വാത്തപവത്തെ ഭീഷോദേതി സൂര്യ ഭീഷാസ്മാേന്ദ്രശ്ശ മൃത്യുധാവത്തി പഞ്ചമേദം പറഞ്ഞു ഭീഷാസ്മാത് വാതപവത്തെ അവനെ ഭയന്നിട്ടെന്ന പോലെ കാറ്റ് വീശുന്നു ഭീഷാസ്മാത് വാതപവത്തെ ഭീഷ ഉദയതി സൂര്യ അവനെ ഭയന്നിട്ടെന്ന പോലെ സൂര്യൻ സമയത്തിൽ ഉദിക്കുന്നു ൃത്യുഹൂധാപത്തി അഗ്നിയും ഇന്ദ്രനും ഒക്കെ സമയത്തിന് പ്രവർത്തിക്കണു മൃത്യു ഓടി നടന്ന് പ്രവർത്തിക്കണു ഇതിനൊക്കെ പുറകിലുള്ള മുഖ്യമായ ദഹനക്കാരനാരാ ഈശ്വര അദ്ദേഹം ഒന്നും ചെയ്യണില്ല അക്കിയുള്ളവരൊക്കെ പണിയെടുക്കുന്നുണ്ട് അല്ലേ അപ്പോ എല്ലാ കർമ്മങ്ങൾക്കും കാരണക്കാരനായ മൂല വസ്തു കരണം കാരണം കർത്താ വികർത്താ ഭഗവത്ഗീതയിലുണ്ട് അല്ലെ എവിടെയാ കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ കരണവും കാരണവും കർത്താവും വികർത്താവും നോക്കൂ കരണം അവനാണ് കാരണം അവനാണ് കർത്താവ് അവനാണ് ഇത്രയും പറഞ്ഞതുകൊണ്ട് തൃപ്തിയാവാതെ പറഞ്ഞു വികർത്ത കാര്യം കേടുവരുത്തണവനും അവനാണെന്ന് വിപരീതമാക്കി തീർക്കണതും അവനാണ് ഭംഗിയായിട്ട് നടന്നുകൂടെ എന്തെങ്ങനെയാണ് അതെങ്ങനെയാണ് അർഭകചേഷ്ടിതം യഥാ ഗോപസ്ത്രീകൾ പറഞ്ഞു പിള്ളേരെങ്ങനെ കുട്ടികൾ മണൽ കൊണ്ട് വീട് കെട്ടി ബംഗളാവൊക്കെ കെട്ടി കളിച്ച് രസിച്ച് ഇതെന്റെ വീടാണ് ഇത് അതിനകത്തുള്ള അടുക്കളയാണ് ഇത് ബെഡ്റൂമാണ് ഇത് പൂജാമുറിയാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി അവസാനം പോണപോക്കൽ കാലുകൊണ്ട് ഒറ്റ തട്ടാണ് എന്നിട്ട് ഓടിപ്പോവും അർഭകചേഷ്ഠിത ഭഗവാന് ലീലവത് ലോകവത്വ ലീലാ ഇത് ക്രീഡ കളിയനെ ക്രീഡാർത്ഥം സൃജസി പ്രപഞ്ചമഖിലം ക്രീഡാമൃഗാസ്തേജനാ സ്വാത്മാറാമന് കൃതകൃത്യന് പൂർണന് पर्पस എവിടെ മോട്ടീവ് എവിടെ നമ്മൾ ഈ ചെറിയ ചെറിയ ബുദ്ധി വെച്ചുകൊണ്ട് ബിഗ് ബാങ്ക് തീയറി ഒക്കെ എടുത്തിട്ടിരിക്കുക സ്റ്റീഫൻ ഹോക്കിങ്സ് മൂള മാത്രേ ഉള്ളൂ ബുദ്ധി മാത്രമേ ഉള്ളൂ പാവം കയ്യും ഒന്നും അനക്കാൻ വയ്യ അദ്ദേഹം പറയുക ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ സ്പേസിൽ എവിടെയോ തെരഞ്ഞുകൊണ്ടിരിക്കുക ഉണ്ടെന്ന് കുറെ ആളുകൾ ഇല്ലെന്ന് പറഞ്ഞു കൊറേ ആളുകൾ രണ്ടു പേരും പപ്പത്തെ ആളുകളെ കേൾക്കാനും കൊടുക്കും ഭഗവാൻ ഒരു മയക്കും വെച്ച് പ്രസംഗിച്ചോളൂ എന്താ ഉണ്ടെന്ന് പറഞ്ഞ എന്താ ഇല്ല ഒരാൾ ഒരു മണിക്കൂർ പ്രസംഗിച്ചു എന്താ വിഷയം എന്ന് എനിക്ക് നാവില്ല എല്ലാത്തിനും കാരണനായ സർവേശ്വരന്റെ കർമ്മം അതിൽ നല്ലതുണ്ട് ചീത്തയുണ്ട് ഉഗ്ര ഉണ്ട് സംഹാരമുണ്ട് അല്ലേ ശിവൻ സംഹാരകർമ്മം ചെയ്യുമ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു എങ്ങനെ സംഹാരം ആനന്ദസാന്ദ്രോഭവാന് ആനന്ദനടനമാണ് ദ്രശ്യത് ദേവഗണം ത്രസൻ മുനിഗണം നശ്യത് പ്രപഞ്ചം ലയം പശ്യൻ നിർഭയേകിഹരതി ആനന്ദസാന്ദ്രോഭവാന് എന്താ ചെയ്യണത് സംഹാരം അതിലാനന്ദ അതുപോലും ഭഗവാൻ ആനന്ദാണ് നമ്മൾക്കാണ് ഇവിടെ ഇത് ഇതെന്ന് നല്ലത് ഇത് കണക്കാക്കി വെച്ചിരിക്കണത് അഹപാട് നല്ലത് പറഞ്ഞാൽ എന്താ ജനിച്ച ഒരു നല്ലത് കല്യാണം കഴിഞ്ഞാൽ നല്ലത് നമ്മൾ നല്ലതെന്ന് പറയണ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ അതുപോലുള്ള ഏടാകൂടം വേറെ മരണം എന്ന് പറഞ്ഞാൽ അയ്യോ വലിയ വശം എന്തോ വലിയ ദുരിതം അങ്ങോട്ട് അവസാനിച്ചു ശാന്തി ഇതൊക്കെ ഈ പ്രകൃതിയിലെ ഓരോ സൈഡാണത് മൃത്യു എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു സ്വരൂപമാണ് മരണവും അമൃതത്വവും ഒക്കെ ഒന്നാണ് അപ്പൊ തത്വം അറിഞ്ഞ ആൾക്ക് ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നില്ല അവൻ സമാധിസ്ഥിതനാണ് നിർവികൽപ സമാധിസ്ഥിതനാണ് അങ്ങനെയുള്ള ആളുടെ ശരീരം ഈശ്വരന്റെ ശരീരം ഒരു പക്ഷേ അയാളെ കൊണ്ട് സംഹാര കർമ്മം ചെയ്യേണ്ടി വന്നാൽ അയാൾ ഒന്നും ചെയ്യണില്ല സംഹാര കർമ്മം നമ്മളിപ്പോ ഒരാൾ ഒരാളെ കൊന്നു സംശയം തോന്നിയാൽ സംശയത്തിന്റെ പേരിൽ ജയിലിലിടും അല്ലേ അതേ തന്നെ മിലിട്ടറിക്കാർ ഇങ്ങനെ വെച്ച് വീക്കണുണ്ട് ഒരു പ്രശ്നമില്ല അവർക്ക് വീരചക്ര കൊടുക്കും എന്താണെന്ന് വെച്ചാൽ അമ്പത് പേരെ കൊന്നു അപ്പൊ മോട്ടീവാണ് കാര്യം അല്ലേ ഒരാളെ കൊല്ലുന്നതല്ല നമ്മൾ അതിന്റെ അർത്ഥമൊക്കെ മാറ്റി മോട്ടീവാണ് കാര്യം മോട്ടീവേ ഇല്ലാത്ത ആൾക്ക് വ്യക്തിത്വമേ ഇല്ലാത്ത ആൾക്ക് എന്ത് പറയാൻ പറ്റും ഇപ്പൊ കൊല്ലൂന്നുമില്ല അയാൾ ചെയ്യണ നല്ല കർമ്മം ചീത്ത കർമ്മം എന്നൊക്കെ പറയണതൊക്കെ ഒരു കർമ്മവും അയാൾക്ക് ബന്ധകാരകം അല്ല അയാളെ ബന്ധിപ്പിക്കില്ല ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല കൃഷ്ണൻ ഭാഗവതത്തില് ഭാരതത്തിൽ പറയണ്ട് ഭാഗവതത്തിലും വരുന്നുണ്ട് ഭീഷ്മർ പറയുണ്ട് ഭീഷ്മർ ഗംഭീരമായിട്ട് യുദ്ധം ചെയ്യണോ അർജുനൻ ഉണ്ടല്ലോ ഭീഷ്മരെ കാണുമ്പോ സോഫ്റ്റ് ആയി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഭഗവാൻ അവസാനം അർജുനനെ ഒന്ന് ചൂടുപിടിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ആയുധമെടുക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു ആയുധം എടുക്കണം എന്നിട്ട് ചാടി വരിക നിന്ന് ചാടി ചക്രമെടുത്തുകൊണ്ട് ഭീഷ്മരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ അർജുനൻ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു കൃഷ്ണ അരുത് വാക്ക് തെറ്റിക്കരുത് അങ്ങ് സത്യലംഘനം ചെയ്തു ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ സത്യലംഘനം ചെയ്തു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് പോടോ ഭഗവാൻ പറഞ്ഞു ഞാൻ എല്ലാത്തിനും അതീത്തനാണ് ഒന്നും എന്നെ ബന്ധിക്കില്ല കർത്തുമകർത്തും അന്യഥാവാകർത്തും ശക്ത എനിക്ക് അഭിമാനമില്ല എനിക്ക് അഹങ്കാരമില്ല എനിക്കൊന്നും നേടിയെടുക്കാനില്ല ഒന്നുമില്ല തഥാപി പ്രവർത്തിക്കണം ക്ഷേമം മാത്രം ലോകക്ഷേമം മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുമ്പോ തനിക്കൊന്നും നേടാനില്ലെങ്കിൽ പിന്നെന്താ തനിക്കൊന്നും ആയിത്തീരാനല്ലെങ്കിൽ പിന്നെന്താ ഹത്വാഭി സൈമാൻ ലോകം യുദ്ധം അവസാനിപ്പിക്കാവുന്നതാണ് അർജുനന് വേണ്ടി ഞാനത് ചെയ്യും ഭഗവാൻ തയ്യാറാണല്ലേ പക്ഷെ ശരണാഗതി ചെയ്യണം ധർമ്മപുത്രടുത്ത് ഒരാൾ ചോദിച്ചു ഭഗവാൻ എടുത്ത് ഒരാൾ ചോദിച്ചു ജനമേ ജയൻ ചോദിച്ചു അത്രേ എന്താ ഭഗവാനെ എന്റെ മുത്തശ്ശൻ ധർമ്മപുത്രരെ അങ്ങ് എന്തേ രക്ഷിക്കാത്തത് ചൂത് കളിക്കുമ്പോ രക്ഷിച്ചൂടായിരുന്നോ അപ്പൊ പറഞ്ഞു ഞാൻ രക്ഷിക്കുമായിരുന്നു പക്ഷെ അയാൾ സമ്മതിച്ചിട്ട് വേണ്ടേ ആ ദുര്യോധനൻ പറഞ്ഞു എനിക്ക് ചൂത് കളിക്കാൻ അറിയില്ല എന്റെ അമ്മാവൻ ചകുനി കളിക്കും എന്ന് പറഞ്ഞ് പകിട് കൊടുത്തു ഞാൻ റെഡിയായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഇയാൾക്ക് പറഞ്ഞൂടെ എനിക്ക് കളിക്കാൻ അറിയില്ല കൃഷ്ണൻ കളിക്കും എന്ന് പറഞ്ഞു കൊടുത്താൽ അപ്പോഴേ ഈ കളി തീർത്തിട്ടുണ്ടാവും ഇയാൾ ഞാൻ കളിച്ചോളാം എന്ന് പറഞ്ഞ് കയ്യിലെടുത്തു അപ്പൊ കണ്ടില്ലേ അതുകൊണ്ടാ പറഞ്ഞീ കളിക്കരുത് ഭഗവാനെ കളിപ്പിക്കാം യു ജസ്റ്റ് വിത്ത് യു ആർ ദ പ്രോബ്ലം ഈ അഭിമാനം അങ്ങോട്ട് വിത്ത് ചെയ്താൽ അനന്തമായ ശക്തിയുടെ ധാമം അനാവൃത്തമാവും ും സർവവിത്തും ജ്ഞാനസ്വരൂപനുമായ ഭഗവാൻ കർമ്മം ചെയ്യുമ്പോ അതില് ഒരു ദോഷവും അല്ല ഒന്നും അവിടെ ബാധിക്കില്ല യസന അഹംകൃതോ ഭാവം ഗീതയില് ഉള്ള ഗംഭീര വേദാന്ത ശ്ലോകങ്ങളിലൊന്നാണ് ഇത് ആർക്ക് ഞാൻ ചെയ്യണമെന്നുള്ള ഭാവമല്ലയോ ആരുടെ ബുദ്ധി ഒന്നിലും ഒട്ടിപ്പിടിക്കില്ലയോ എന്ന് വെച്ചാൽ ഒന്നും ഒരു ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം ഡിജിറ്റൽ ക്യാമറ പോലെ വെളിയിലുള്ളത് ഇങ്ങനെ ഒപ്പിയെടുക്കണ്ടല്ലോ അതുപോലെ ആരുടെ ബുദ്ധി ഇവിടെ ഉള്ള സുഖ ദുഃഖാതി ഒരു വേഷവും വിഷയങ്ങളും ഒപ്പിയെടുക്കില്ലയോ അയാള് എന്ത് കർമ്മം ചെയ്യേണ്ടി വന്നാലും കിമഹം പാപമ കരവം എന്ന് തോന്നില്ല അതാണ് ശ്രുതി പറഞ്ഞത് അയ്യോ ഞാൻ പാപം ചെയ്തു പോയല്ലോ അല്ലെ ഞാൻ പുണ്യം ചെയ്തു വലിയ ആളാണ് ഒന്നും തോന്നില്ല ഒന്നും അയാളെ ബാധിക്കില്ല ഈ ജസ്റ്റ് അൻ ഇൻസ്ട്രുമെന്റ് എ ചാനൽ അയാൾക്ക് ഒന്നും അയാളെ തൊടില്ല ഇത് ചെയ്തു അത് ചെയ്തു അഭിമാനമോ യഥാ പുഷ്കര പലാശ ആപോനശ്ലിഷ്യത്തെ ഏവം ഏപം വിധി പാപം കർമാനശ്ലിഷ്യത ഒരു താമരതലത്തില് വെള്ളം തൊടാത്തതുപോലെ ഈ തത്വം അറിഞ്ഞവന്റെ ഉള്ളിൽ ഒരു കർമ്മവും അയാളെ തൊടില്ല എന്നാണ് ഞാൻ ചെയ്തിട്ട് വരാമെന്നാണ് വാസ്തവത്തിൽ തന്നെ ഭഗവാനാണ് ചെയ്യണത് നീ ചെയ്യണമെന്ന് അഭിമാനിക്കണു അർജുനൻ അടുക്കും ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് വ്യാസനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആളുകൾ പറയണു ഞാൻ അസ്ത്രമെടുക്കുന്നു കൊല്ലുന്നു എന്നൊക്കെ പറയണു ഞാനൊന്നും ചെയ്യണില്ല വ്യാസരെ എന്റെ മുമ്പിൽ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് കയ്യിൽ ധനുസേന്തി നിൽക്കുമ്പോൾ എന്റെ മുമ്പിൽ അഗ്നി വർണ്ണത്തിലൊരു രൂപം ആ രൂപത്തിൽ വരുന്ന പുരുഷനാണ് ഇത്രയും ആളുകളെ സംഹരിക്കണത് പക്ഷെ ആളുകൾക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു അമ്പെടുത്തു കഴിഞ്ഞാൽ അത് നൂറായിട്ടും ആയിരം ആയിട്ടും മാറണതായിട്ടൊക്കെ തോന്നുന്നു കൊല്ലപ്പെടുന്നതായിട്ടൊക്കെ തോന്നുന്നു വ്യാസൻ പറഞ്ഞു അതെ രുദ്രനാണോ കൊല്ലണത് തനിക്ക് അതിന്റെ പേര് കിട്ടുന്നു താൻ യശോലഭസ്വ തനിക്ക് ആ പേര് അത്രയേ ഉള്ളൂ താനൊന്നുമല്ല അല്ലേ പല വലിയ കാര്യങ്ങൾ ചെയ്യുന്ന അറിയില്ല എങ്ങനെയാ അവര് പാടുന്നത് എങ്ങനെയാ അവര് പ്രവർത്തിക്കണത് എങ്ങനെയാ അവര് കർമ്മം ചെയ്യണത് അവർക്ക് തന്നെ അറിയില്ല നിശ്ചയില്ല താൻ വെറും ഒരു നിമിത്തമാത്രം ഭവസവ്യ സാക്ഷിൻ അപ്പൊ ആ തത്വം അറിഞ്ഞവന് അയാൾക്ക് എന്ത് പ്രാരബ്ധ മൂലം അയാളുടെ കർമ്മം നല്ലതോ ചീത്തയോ ഒന്നും നോക്കണ്ട ഹാപിസൈമാൻ ലോക്കാന്ന ഹന്തി ജ്ഞാനത്തിന്റെ മഹിമാ ജ്ഞാനത്തിന്റെ വൈഭവം ഇതാണ് അയാൾക്ക് യാതൊരുവിധ വികാരമും യാതൊരുവിധ അഭിമാനവും കർമ്മത്തിൽ നിന്ന് അയാൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് അയാൾക്ക് ഒരു ദോഷവും അയാളെ ബാധിക്കുമില്ല യാതൊന്നും അയാളെ ബന്ധിക്കില്ല ഈ തത്വം അറിഞ്ഞവൻ ജ്ഞാനത്തിന് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അത് കംപ്ലീറ്റ്ലി അൺകണ്ടീഷണലി ഇറ്റ് മേക്സ് യു ഫ്രീ റിലീസസ് യു